ഒന്ന് റിയാറത്ത് സന്ദർശിക്കാൻ പോകും എവിടെങ്കിലും വിധി സേഖമുണ്ടോ ഒരു ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചിട്ട് അവർ അത് ഒന്നുപോലെ പറയുന്നത് കിട്ടാം വഹിയാറത്ത് ഷയൂഹ് എന്നത് ആഹ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാഗൽ ഹജ്ജ് റിയാറത്ത് മാറി പ്രാധാന്യ ക്രമേല എണ്ണിയത് ആദ്യം ഹജ്ജ് പിന്നെ സിയാറഫുൻ മദീനെ കഴിച്ചതിന് ശേഷമാണ് മറ്റേ മുൻഗണന കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ സിയാറഫ് ഷയൂ ഇന്നല്ലാണ്ട് ആദ്യ ശേഖന്മാർക്ക് മുൻഗണന കൊടുത്ത് പിന്നെ ഇഹ്വാനിങ്ങളെ പറഞ്ഞ് ലാസ്റ്റ് റിസോർട്ടെ പറഞ്ഞ് വയ്യത്തെ റജ പറയുന്നത് അത് ചെയ്യല്ലോ വാലിക്ക എന്താണ് ഈ സിയാറഫ് ഷയൂഫിലുള്ളത് ലിമാ ശീഖന്മാരുടെ വക്കൽ നിന്നുണ്ടാകുന്ന ഇന്താദ് ഓറ വക്കൽ ഉണ്ടാകത്താലെ കൊടുത്ത ചില കാര്യങ്ങൾ നമുക്ക് തിരിഞ്ഞു തരിക അറിവാലും ഹാലാലും അതവിഞ്ഞാലും പലതും അതിന്റെ റിയാദത്തിൽ ഫൈനുണ്ടാവും അത് കാണാൻ പോയില്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പക്ഷെ എന്നാലും പുതിയ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ പലരും പഠിക്കാനുണ്ടാവും ഉച്ച തന്നെ അടങ്ങി വരികൂടിയാൽ നമ്മൾ തന്നെ വരികയാണെന്നൊക്കെ തോന്നാനുണ്ടാവും എല്ലാം തെളിഞ്ഞു കുറച്ചും കൂടി തങ്ങിഞ്ഞിരിക്കുമ്പോഴാണ് ഒന്നും ആയിട്ടില്ല هذا القتاب الأوصاف المحمودة المحمودة تصفرها ما يبقى لأصبابا لا تنبادي <تصفيق> كيلون والتخلص من الأوصاف المضمومة تشيطة يا صبابا تلنين للأشعراب كيلون يروع ربما القتاب العلم والحال العلم كتنم حالي كتنم كل ذلك قرابات وفي ذلك اذا പറഞ്ഞില ഒക്കെ ഉണ്ട് मिनൽ ഖൈരി മാലാ يعلمഹു ഇല്ലല്ലാહ എന്തെല്ലാം ഖൈറായ കാര്യങ്ങളാണ് അതിലുള്ളത് എന്ന് അല്ലാഹു തആലക്കല്ലാണ് പറയാൻ കഴിയൂലാ വസയത്തി മാദുലിക ഹസയത്തി മാദുലിക ഇൻശാ അല്ലാഹു അല്പത ചില കാര്യങ്ങൾ അടുത്ത നമ്മ പറയാൻ പോകുന്നുണ്ട് എ വഅന്നബി റദീനി ളിയല്ലാഹ് അന്ന ഖാല ഖാല റസൂലുല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൂർ ഫിൽലാഹ് അള്ളാഹുവിന്റെ വജുഹിന്റെ വേണ്ടി നീ തിയാറത്തിന് പോകണം എന്ന് പറഞ്ഞു അള്ളാഹുന്റെ വജുഹിന് വേണ്ടി ആള് പോയാൽ ബെച്ചോള മാത്രം സന്ദർശിക്കുകയല്ലേ ഈ പറയുന്നു നമ്മുടെ നാടൻ ഭാഷയില് തിയറത്ത് എന്ന് പറഞ്ഞാലേ ബച്ചാട സണം പോക്കേ കൊടുവുള്ളൂ അങ്ങനെ കണക്കില്ല സന്ദർശിക്കൽ ആരെ പോയാൽ എഴുപതിനായിരം മനക്കുകൾ അവനോടൊപ്പം യാത്രയാക്കാൻ ഒന്നിച്ചിണ്ട് യാത്ര തശീന്ദ എല്ലാം പറയുന്നത് അവസരോ പഠിച്ച നിന്റെ റഹ്മൊക്കെ ഉള്ള ഇവരെയും നീ ചേർക്കണമേ ഈ യാത്ര പോകുന്ന മനുഷ്യനെ ഇവരൊക്കെ അവസരപ്പിക്ക നിന്റെ മതിന് വേണ്ടി സുഹൃത്തിന് ചേർത്തില്ലേ പണപോക്കുണ്ട് അതിന്റെ വേണ്ടി വിളിച്ചു പറയുന്ന ഒരു മൊലക്ക് വിളിച്ചു പറയുന്നുണ്ട് നീ നല്ലവനായിട്ടുണ്ട് നിന്റെ ഈ പോക്കും നല്ലതായിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് നിനക്ക് ഒരു മഹാദിനേതാ ഒഴിക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ അള്ളാഹന്റെ വഴി വഴിയായിരിക്കണം ഈ കാണാൻ പോക്ക് കൊലത്തു അപ്പം യ്യനാണോ മയ്യത്തിനെയാണോ മുത്തന്നിഫ് ഉദ്ദേശിച്ചത് ദേഹന്മാരെ കാണാൻ പോത്തിനെ പറ്റിയാണ് മുത്തന്നിഫ് ബൈത്തിൽ പറഞ്ഞത് എന്നാ മരിച്ചാറപ്പറ്റി നമുക്ക് പറയണ്ടേ വാം അൻവാസി മരിച്ചാറിയാറത്തിന് പോക്കോ സേഹന്മാർ കറബിയത്തിന്റെ ശേഖന് കെട്ടൽ കൊണ്ടൊരാൾ ജയിച്ചാണെങ്കിൽ വാറാളെ കാണാൻ പോകേണ്ട ആവശ്യമില്ല ഹയ്യങ്ക അയ്യത്തിന്റെ ഹയാക്കായാലും പോണ്ടായാലും പോണ്ട ഇവിടെ തന്നെ ലിഫനത്തു കൊണ്ട് തീരാ ധരിക്കുന്നു അങ്ങനെ പറഞ്ഞു അ തിരഞ്ചരിക്കുന്നത് കൊണ്ടിരുന്നില്ല ഇവിടെ കറബിയത്തിന്റെ ശേഖന് ഒരാൾക്ക് കിട്ടിയോ നിങ്ങ ഏത് ധരിക്കുന്നാലും ഇവിടെ കൊള്ളാം ഒരു അധികത്തിൽ ഇല്ലെങ്കിലും കൊള്ളാം പേരൊടുക്കുന്നു ഇപ്പം നിൽക്കുന്നു മക്കൾക്കാല തരീവെ റവിയാല് പറയുന്നു അന്ന നിയാഴത്തേശ് മേൽ തെരയിക്കേൾക്കാവുമോ ഈ മെച്ചാടെ കാണാൻ പോയിക്കോണ്ടിരിക്കുകയാണെന്നുള്ള നമ്മൾ തെരയിക്കേൾക്കാവുമ്പോൾ പെട്ടെന്ന് പരിപാടിയല്ലൂട്ടി പറഞ്ഞു കൊൽത്തു തരീബി അങ്ങനെ പറഞ്ഞു ഈ താരിഹൻ അംഗീകരിക്കുന്നുണ്ടോ വഹു കദാലിക്ക് അതായത് അങ്ങനെ തന്നെ മൂപ്പർ സംബന്ധിച്ചു ല്ലാൻ്റെ ഇല്ല അങ്ങനെ ടൂറില്ല ഇഷ്കത്തിൽ കടയിൽ അങ്ങനെ പ്രത്യേക ടൂരില്ല കാബത്തോ അല്ലെങ്കിൽ പ്രത്യേക വിലാത്തോണ്ട് അറിയപ്പെട്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേക കാരണമില്ലാതെ മുതലക്കായി ജിയാർത്തു ടൂറില്ലാന്നതാണ് ഇസ്കത്തിൽ അറിയപ്പെട്ടത് ഇതുകൂടെ അനൽ കൗമത് അതിനുമ്പില്ല അയ്യാ നമ്മളെ കൗമ് ിനെ കൊണ്ടെന്താ ഇന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പല എടൂർ വന്ന അമ്പ അംബാത്തിനെ പോകില്ല ഇല്ലാദ് അവർക്ക് വേണ്ടി ദ്വാരക്കാനോഹമിയാനെയും റഹമത്തെ പ്രകടിപ്പിക്കാനോ അല്ലാതെ പോകില്ല കേട്ടും വെച്ചാൽ തീരെ കാണൂല്ല എന്നല്ല ഓറെക്കൊണ്ട് വായന നേടാൻ വേണ്ടി പോകൂല അങ്ങോട്ടുണ്ടെങ്കിൽ അത് ക്രമീത്തിന്റെ ചേച്ചന ഉണ്ടല്ലോ ധർബ്യത്തിന്റെ ചേർന്നും കിട്ടാത്താണ് ഇങ്ങം പോലെ പോയി ചോദിച്ചോടേയും പോയി പറയുന്നത് ിൽ വാമല്ലം ഞത് പറി കൊണ്ട് വിജയം കിട്ടാത്താണെങ്കിൽ പയമ്പറയിലെ താറും അവർ തിയറത്തിലേക്ക് താറാക്കൽ ആവശ്യം തന്നെ പൈന്നതായൽ മയ്യത്തീം ഏറി പറഞ്ഞ ഒരു മയ്യത്ത് ഉപകാരതയും ഉപകാരം അഞ്ചു ലഹരല്ലിൻ്റെ അറിയിച്ചു കൊടുക്കാന്നുള്ളത് പണിയല്ലേ തന്നെ ഈ കാര്യത്തിലാണ് യപ്പൂർ ഷേഖു അബൂസി ഇബ്രാഹിം മുത്താദി റമിയെന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോ ഉള്ളത് മെഹറാൻ ബൊഹ്റാൻ എന്ന തരത്ത് മറക്കപ്പെട്ടവരാണ് ബൊഹ്റാൻ എന്ന തരം ഉള്ള അവർ ബൈസാക്കി പറഞ്ഞു يارب ارحم بقامر رحمني به وامتحه ابوا بالهدايه والخير واهدني في صبر الخدي اراده واصبره صبر ماك من ساعه الذبيري وطن صوم ظلومن وترف خاملا وتقصيب معذوما وتجبور راكسرين فكم حلثت من جملة الإثم فاتكا فألقته في بحر الإنابات والبذيب زيارة عربا بالتقاء تقوى لونمغلاء مهانمار زيارة جيّل هذا من أنظر لحياتا وحياتا وحياتا زيارة متلقا അത് മറു ഹോൻ അത് മേ മുന്തി മരുന്നാണ് യുപരി പല രോഗങ്ങൾക്കും ശമനം നൽകുന്ന ഒരു മരുന്നാണത് എന്ന് പറഞ്ഞു രണ്ട് എല്ലാ ഹൈറിന്റെയും ഹിതായത്തിന്റെയും വാതിലുകൾ തുറക്കാനുള്ള താക്കോലുമാകുന്നു ദിയാറത്ത് രണ്ട് വസുർത്തി കൊടുക്കുന്നു വിദ്യാർത്ഥിലും ഉണ്ടാക്കി തീർക്കും ഒരു ഇറാദത്വമില്ലാത്ത ഒഴിഞ്ഞ സദറുകളിൽ ഇറാദത്തൻ ഇറാദത്തിന് ഉണ്ടാക്കി തീർക്കും ഇറാദത്തവൻ ആദ്യം വേണ്ടത് ഇന്നത് ചെയ്യണമെന്ന് ഇറാദത്തിന് തന്നെ ഒന്നും ചെയ്യരുത് ഇറാകത്താണ് എല്ലാത്തിന് ആദ്യം ഉണ്ടാക്കുന്നത് സദുറൻ സതുറിനെ വിശാലമാക്കും എങ്ങനെയുള്ള സദര് നാക്കം പലതരത്തിലുള്ള ഭാരങ്ങളാലും ലീക്കായിട്ടുണ്ട് മനസ്സിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ഭാരങ്ങളും ആ ഭാരം കൊണ്ട് അങ്ങനെയുള്ള നിങ്ങൾ വിശാഖയിലും അസാട്ടി ഹൃദയത്തെ മധുരവുമായ മനുഷ്യനെ അത് സഹായിച്ചു തരും മെസ്സുകിട്ടും ഹാമില പ്രസിദ്ധിയില്ലാതെ മറഞ്ഞ് കിടക്കുന്ന ചില ആളുണ്ടല്ലോ അവർക്ക് എന്താക്കളും റഫ് ഉയർച്ച ഉണ്ടാക്കി കൊടുക്കും തക്സിമം മാധവൻ ഒന്നുമില്ലാതെ പണിയില്ല ചോറുമില്ല അങ്ങനെ കസുമ ഒന്നും ഇല്ലാതെ കണ്ട് പാവപ്പെട്ടവനായിട്ട് ഒന്നുമില്ലാത്തവരു കണ്ട് അവനക്ക് കസുമിനെ കണ്ടു പിന്നെ ഖത്തറുള്ള ആളുകൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യും ഖത്തർ എന്ന് പറഞ്ഞാൽ പല വിഷയത്തിലും പോരായ്മകൾ എത്രയാണ് തഹൈസാക്കിയത് മിഞ്ചും ഇകുന്ന തരമാലകളിൽ നിന്ന് പാസിക്കാൻ കുറ്റകൃത്യം ചെയ്ത പല ആളുകളെയും കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവനെ കൊണ്ടുപോയിട്ടു ഈ ബഹറിൽ ബിനാപത്ത് എന്ന് പറഞ്ഞാൽ മടങ്ങൻ ബിർദെന്ന് പറഞ്ഞാൽ കൽക്കറമ ആരെന്ന് വലിയ ബഹറിലേക്കൂടെ കൊണ്ടുപോയി തടിച്ചിട്ടുണ്ട് മകൻ കരകേറ്റിച്ചു എത്ര എത്രയോ മുരീദന്മാരുണ്ട് ആ മുരീദന്മാരെ റിയാഫിൽ മുറശീദീൻ ഒരു ജൈഹനെ കൊണ്ട് ഇന്നടത്തലേക്ക് പോയിക്കോ ഇന്നടത്തെ കുടിക്കോ എന്നൊണ്ട് റിസാദ് ഹീത് വിട്ടിട്ടുണ്ട് എങ്ങനത്തെ ഹബീറിൻ ബസീറിൻ നല്ല അറിവുള്ള അടുക്കാഴ്ചയുള്ള മുറച്ചിദ് എന്ത് കൊണ്ടുണ്ടോ അകക്കാഴ്ചയുണ്ട് ബിൽ ബലാ മനുഷ്യനെ നശിപ്പിക്കുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണോ അതാ ബലാദ് ഒമാരി മനുഷ്യനെ നന്നാക്കുന്ന മഹമൂദായ സ്വഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ അതുകൊണ്ടും അപ്പൊ തഹനീയത്തുകൊണ്ടും കൊണ്ടും അറിവുള്ള നല്ല മുറിശിയിലേക്ക് ആ ഇത് വിജയിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടോ പാൽക്കാർ ഇവരിക്ക് ഇട്ടുകൊടുത്തു യമനീയ ഒരു വസ്ത്രം എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് യമാനിന്ന് കൊണ്ട വസ്ത്രം വെറു മുല്ല വസ്ത്രങ്ങൾ അരിച്ചു അതിനോടൊപ്പമിച്ചു ശേഖണ്ടാക്കി ഇവരിക്ക് നല്ല യമനീയായ വസ്ത്രം ധരിപ്പിച്ചു അങ്ങനെ മൊട്ടാറത്താൻ അതിൽ നിന്നുള്ള ചെന്തും ഇത് പുഷ്പങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കൊത്തുപടി വസ്ത്രത്തിൽ എംബ്രോയ്ഡറിന്ന് പറഞ്ഞില്ല തെറുത്ത് ആ ബി പത്തിനി അള്ളാഹുന്റെ വക്കലിൽ നിന്നുള്ള പ്രസഹികൊണ്ട് അതിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് ഞുംനി പറക്കത്ത് നെസറി നെഫ്റ്റിനെതിരെയും ശത്രുക്കൾക്കെതിരെയുമുള്ള സഹായം ഇതെല്ലാം ആകുന്ന വസ്ത്രം ആ തേതുവിനെ കണിച്ചു ഒരു ഏതുകൊണ്ടായിരുന്നു ഋദിയാർത് മുഖേന അതുകൊണ്ട് അനൈക്കമിഹ ആ റിയാറത്തിന് നീ മൃഗപ്പൊളിച്ചോ നമ്മുടെ കൗമ് റിയാറത്തിന്റെ സെറി കൊണ്ട് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ വസീത്തും പറഞ്ഞിട്ടുണ്ട് യാഹൃത്തെ വലുതും അവർ വസീത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ ചേർത്ത് ചെയ്തോ ശേഖന്മാരെ നീ അതബ് മാറിക്കണം ഭാഗി നീയത്തിൽ നീയത്ത് സഹിയാക്കിയതിന് ശേഷം ഈ പോക്കെന്താ പറ നീയത്ത് വന്നു അപ്പം മിസ കിട്ടാൻ വേണ്ടി മാത്രം കാണാൻ നോക്ക് മിസ കൃത്യാക്ക് പൊണി കിട്ടാനെ പൊണി വൃത്തിയാക്കി വേഴ്സ് വിട്ടാനും വൈസ് വൃത്തിയാക്കി ചമ്മളെ വർധനവിനെ വർധിച്ചാക്കി സ്ഥിരമായി കിട്ടാനെ പിന്നെ സ്ഥിരമായി കിട്ടിയാക്ക് തീർന്നു അങ്ങനെ ശേഖമാർത്ത് നോക്കി അത് വേണ്ട എങ്ങണം നീട്ടം നന്നാക്കിയതിന് ശേഷം അഥവ് താത്ത് മമലൂക്കിൻ മാലിക്കിൽ നിർത്തി സ്വതന്ത്രനായ പ്രളർവായ ഒരു മാലിക്കിനോടൊപ്പം മമലൂക്കായ ഒരാളെങ്ങനെയാണ് അഥവായിരിക്കുന്നത് ആ രീതിയിലുള്ള നല്ല വിജയവും തവം കാട്ടിക്കൊണ്ടായിരിക്കണം പോകേണ്ടത് നിങ്ങൾ പറഞ്ഞ ഈ ഇതാരെ പറ്റിയ ഹയ്യനെ പറ്റിയോ മെയ്ത്തിനെ പറ്റിയോ രണ്ടും അതാണ് ഞമ്മ മുത്താ തീർക്കാൻ ഉദ്ദേശിക്കുന്നു ولا فرق في أحكامها هي حكامن بسيط الفرق لا بين تاريخ مرب ومذذوب وحي وذيق بديه تاريخ ومربية ومذذوب وحي وذيق ورادة منجس لدينا فرق من الله مذذوب نبوها قالتوه نو അല്ലല്ലോ ദുഹുടയാറത്തിന് ഉപാധികളില് എന്നു പറയപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അഹമ്മദ് ഉലിയ കൂട്ടം തന്നെയാണല്ലോ അതെ മുന്നേ ഈ പെൽപ്പുറി സാടിക്കയും ഉറപ്പും വെളുത്തോ ഹയ്യാലും ലീ കവറായാലും സുഹൃദിന്റെ ആളായാലും അബാധികളായാലും എല്ലാം ആരാ എല്ലാരും അമ്മയറിഹിയാണ് പക്ഷെ എല്ലാവരുടെയും സ്ഥാനം ഒരുപോലെയല്ല എന്ന് എനിക്ക് പറയുന്നു അതാണ് ഒരാൾക്ക് സൂര്യനും ചന്ദ്രനും ഒരുപോലെ ആക്കണ്ട അഭിരാൻ്റെ സൂര്യന്മാരുണ്ട് ചന്ദ്രന്മാരും ഉണ്ട് എല്ലാവരും ഒരുപോലെ കണക്കാക്കണ്ട എല്ലാവർക്കും നിയമത്തിട്ടുണ്ട് അത് അത് അവഗണിച്ചൂടിയ രണ്ടാമത് മൊത്തം ഇപ്പോൾ ഇങ്ങനെ സന്ദർശിക്കൽ എന്നതാണ് لا زيارة للإخوان ولا شكرا أن السفر لزيارة للإخوان الإخوانيين اللي صندرشيكي وان وردي اللي صفر قربطن عميمتن وان بيك كوليكورتن ربادة تانى انتهي سمشي ملا ومانقبتن جسيمتن جسيمتن اللذي آنهي جسيمتن اللذي واننام قوليا مسيم واري تانوما وننور യാത്ര ചെയ്യുന്ന ദിനകൂട്ടത്തിൽ ഏറ്റവും അപമലായ തിയാഹസമാകുന്നത് യാത്ര പറഞ്ഞു മൂന്നില്ലേ അത് അപതരിപ്പെട്ട ഒന്നാണ് അള്ളാഹു ബഹാനോടും അള്ളാഹു റസൂലിനോടും മറ്റുള്ള മോമിനിയങ്ങളോടും ആരാണോ തവല്ല തവല്ല എന്ന് പറഞ്ഞാൽ അവരോട് മഹബത്ത് വെച്ചിട്ട് അവർ സുഹൃത്തുക്കളാതിരി വെക്കുന്നു എന്നാൽ അവർ തന്നെയാണ് മികച്ചു പറഞ്ഞത് അപ്പൊ ഇവിടെ നോക്ക് അള്ളാഹു റസൂരി വല്ല നീരാമനും ഉണ്ടതാ ഭൂമിനീകളായി അഹ്വാനികൾ തന്നെ അവരോടുള്ള ആ മഹബത്തും ഗുരുവൻ ഉദ്ദേശം ലീലിനെ സഹായിക്കുന്ന ഓമിനികളാണ് ഉദ്ദേശിക്കുന്നത് അല്ലവീന എങ്ങനെയുള്ള ആളുകൾ അവർ നല്ല രസഹേ അവർക്കെപ്പം കുടം വേണം അവർക്ക് നന്മ വേണം ഇല്ലാത്ത വേണം വിശദു വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിട്ട് ലീലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ هم Segah lsua wa hum fund Lil fully with the Allah Allah quale ilmuqullum Abornudtud aluminum itawajukhe المutawajjhills ig dilemma ay fukaraka humani parole الله تawajju undana ilmuut another one that awajju فإن قلنما liqyahum avari cònnu mut��고 milhões jadi nasahu whoorednos yedekum matadawuhi alla allah imfikyavitukaulluhum cheye ഇപ്പൊ കണ്ടിട്ടിങ്ങനെ വടക്കല്ലേ മാത്രമല്ല ഇങ്ങനെ ചെയ്യും ആ ഇവാനും അത് ചെയ്യണമെന്നല്ലേ അറിയുന്നുണ്ടോടെ പറഞ്ഞ പറഞ്ഞല്ലോ ഹിസ്ലാത്തു അസ്സലാം പറയുന്നു എപ്പോലോ അന്നാഹു താല പറഞ്ഞതായിട്ട് ഇപ്പോൾ വല്ലക്കും വാവിണ്ട അല്ലെല്ലാം അത് ഹരീന ഒന്നിച്ചും കൂട്ടിയതാണോ പല അരീതികളും ഒന്നിച്ചും കൂട്ടി മഹബത്തി എന്റെ വിഷയത്തിൽ പരസ്പരം മഹബത്ത് വെക്കുന്ന ആരുണ്ടോ അവരോട് എന്റെ മഹബത്ത് വാജിഭായിരിക്കുന്നു എന്ന തല പറയുന്നു അത് മുർമഹബത്ത് എന്റെ കാര്യത്തിലായിക്കൊണ്ട് രണ്ട് ദുലസാക്കളായി രണ്ടാൾ കൂടിയിരുന്നു അവർക്കും ിൽ മുത്തബാദിനീന സിയ എന്റെ വിഷയത്തിൽ പരസ്പരം സിയാറത്തിന് പോകുന്ന കൂട്ടർക്കും എന്നെ അമ്പത്ത് കൊടുക്കാൻ ആവാജിമാക്കിയിട്ടുണ്ട് വൻ മുത്താദിനാ മുത്താ ബദല കൊടുത്തു ഇറത്തുണ്ടെന്ന് അപ്പോ എന്റെ വിജയന്റെ വേണ്ടി പരസ്പരം കൊടുത്തു ഒരാധി ഓർ കൊടുക്കുന്നു ഓറവ് നോക്കുന്നു മറ്റേ വേറെ ഇറത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നിസ്സാരന്മാരായി കഴിഞ്ഞുകൂടി എന്നിട്ട് ബഹുറാടെ മുമ്പിൽ വന്നവർക്ക് ഇവരുടെ ആവാതെ സുഹൃത്തിന്റെ മുമ്പിൽ വിനയ സുഹൃത്തുന്ന് ഞാൻ ഞാൻ ഉപാധിയാന്ന് അങ്ങനെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ബദല സ്ഥലം പ്രകടിപ്പിക്കുന്ന ഓരോ ഡിഗ്രി സ്ഥാനം മാറ്റി പിന്നെ അങ്ങനെയെന്തേ ഒരവസ്ഥ കൊടുത്തിട്ടുണ്ട് ഈ നമ്മുടെ മൊത്തത്തിലെ മിന്നാദുൽ ഖാസിജിൻ من هذه القاسبية هي, هي حديثة ربية سكرت وهي اختصارات من هذه القاسبية وضعنا نرحمنا الجزيين هل أنتظروا لك؟ قالوا صلى الله عليه وسلم وقال صلى الله عليه وسلم إن في الجنة قرى فنبال مرأة سهوتك ركانا برك متضافرين روضا للا الله نحببتك هي نية تعدم عن سلوكنا അള്ളാനെ മഹബത്ത് കിട്ടുമെന്ന് അസുറന്നുമായി തെള്ളുന്നതായി എന്ന് അറിയത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നു ആ മഹമ്പത്ത് കിട്ടാനാണ് ഞാൻ ഇക്കാര്യം ചെയ്യുന്നത് ഇനിയാ കടവിലെ നേട്ടം ചിന്തി വേണം അള്ളഹാനെ മഹബത്ത് ഇതെല്ലാം അറിയിപ്പില്ലേ ആ വന്ന മീറയി ഇന്നത്തിനത്തിൽ പുറത്താൻ സ്വർഗത്തിൽ മാളികയുണ്ട് യുറാഹിം അതിന്റെ പുറത്തുനിന്ന് തന്നെ കാണാൻ കഴിയും അല്ല ബാപ്പിനോ ലാഹിന്ദും കാണാൻ കഴിയും അപ്പോൾ പടിയതുല്ലമായിക്കൊണ്ട് ആഅദ അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ തയ്യാറാക്കി വെച്ച ദാരിഖാനിൽ വതഹാബിന ഫീഹി അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം തീരുകയും വൽ മുത്തഥാഫീലി ഫീഹി അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സിയാറത്തിന് വോകുന്നവർക്കും വൽ മുതബാബീലി ഫീഹി അല്ലാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം ഭാരം കൊടുക്കുന്നവർക്കും അത് യാദാനം അങ്ങോട്ട് കൊടുക്കുന്നവർക്കും طواه التبراني وعن النبي هريره رضي الله عنه حديث يقول ان النبي صلى الله عليه وسلم قال ان رجلا دار احد له في قريه ودي ساهدره ابياتले तोफिना काना मोई ई कर्यتين उर ग्रामतेले वल पास्ता न अल्लाह तआला हु अल्लाह तआला इना नोति न का एल्दी तो मारे किरे अला मादरतेही അദ്ദേഹം പോയി വഴിയിൽ മലക്കൻ ഒരു മനക്കിന് ഞാൻ നോക്കി നിൽക്കാൻ പോകുന്നു അങ്ങനെ പലം മാതാരി അരിങ്ങനെ പോകുകയാണ് പോകുമ്പോൾ കാല മലക്ക് ചോദിച്ചു അയിനെ തീരൂ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഈ കറിയിലുള്ള ഒരു സഹോദരൻ കൊണ്ട് അദ്ദേഹത്തിന് ലക്ഷ്യം ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു ആടെ മലയ്ക്ക് ചോദിക്കുന്നു അല്ലക്ക അല്ലെ ഈ മിൻ നിയമത്തിൽ നിനക്ക് കിട്ടാനുണ്ടോ അല്ലെങ്കിൽ ഓണ്ടെ മേലായിട്ടുണ്ടോ ഓണി ഓൻ കറമപ്പെട്ടവനായിട്ട് മിൻ നിയമത്തിൽ എന്തെങ്കിലും നിയമത്തിൽ തുറമീഹ അതിനെ വളർത്തിയെടുക്കാൻ എനിക്ക് വന്നവർക്കും അക്ക് കിട്ടാനോ വെയിറ്റ് വാങ്ങാനൊണ്ടെങ്കിലുണ്ടോ ഒന്നുമില്ല ആടല്ല ഒന്നും അങ്ങനത്തൊന്നുമില്ല അല്ലെ അതൊക്കെ ഇല്ല നാക്ക് ഞാൻ അയാൾ സ്നേഹിക്കുന്നുണ്ട് തോറൊന്നും കഴിയുന്നില്ല ഞാൻ അള്ളാഹുവിന്റെ റസൂരായി വന്ന ഒരാളാണ് ആ മനുഷ്യനെ നീ അള്ളാഹക്കൊണ്ട് സ്നേഹിച്ചല്ലോ അതുപോലെ അള്ളാഹുസാനമായി നിന്നെയും സ്നേഹിച്ചിരിക്കുന്നു എന്ന് വിവരം പറയാൻ വേണ്ടി മനക്ക് നാശതാകുന്നു എന്ന് റവാഹും മുസ്ലീം എന്നെ കഴിയുന്നില്ലല്ല എന്ന് പറഞ്ഞ ഖരീദിന്റെ ില്ല അത് വാലൻസല്ലം പറഞ്ഞു മൻ മലീമൻ ഒരു മലീന ഒരാളെ സന്ദർശിച്ചു അള്ളാഹന് വേണ്ടിയില്ല ഒരു സുഹൃത്തിനെല്ലാം സന്ദർശിച്ചു വിളിച്ചുപറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നു എന്നതിന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അബൂറദിൽ ഇന്നലെ നടത്തും നന്നായിട്ടുണ്ട് നീ നന്നായിട്ടുണ്ട് സ്വന്തം അറിയിച്ച മാമിൻ അവിതിൽ യദൂറുഹു ഇല്ലാഹി അവന്റെ സുഹൃത്തിനെ കാണാൻ പോയി അന്നാവിന് വേണ്ടിയാണ് അപ്പോക്കും അതിയർപ്പും എന്നാലേ લા નાબાહુમ નાબિ મિનાસ્તામાર વારલોગത്തിൽ നിന്ന് മലક വിളിച്ചുപറنگે છેલ્લે અન્તબુત વાબાલતિલ જન્નહ સ્વર્ગ તમને મક્તામાં અનિજિરીંગીરીકનું વકાર અલ્લાહ અલ્લાહ તઆલા બોલ્યો કે મલક ઓતી અરસીહી યઅલ અરસીലുള്ള લોગત મલાયકતિનോട് വിളിച്ചുപറયેગાણ આબદી ઝારની એnte અબુ એનેયાડ ઝિયારતીદુ અલહુ તઆલા બોલ્યો હન અબુને ઝિયારતીય બોલે ഞാനുമായിട്ടാണ് ബന്ധം സ്ഥാപിക്കുന്നതെന്ന് അർത്ഥം വന്നത് ആ സഹോദരൻ സഹോദരനെ കാണാൻ പോയത് പക്ഷേ അതിഥി എന്നെ അധികാരത്തിനെന്ന് വെച്ചാൽ ഞാനുമായിട്ടാണ് അതിന്റെ ബന്ധം നീക്കുന്ന അതുകൊണ്ട് അനങ്ങിയ കിറാവ് എന്നെ സന്ദർശിക്കാൻ വന്നാൽ ഞാനല്ലേ തൽക്കാരം കൊടുക്കേണ്ടത് കിറാന്ന് പറഞ്ഞാൽ ബിരുന്ന് സൽക്കാരം നൽകി എന്റെ അർമ്മയാണല്ലോ അതുകൊണ്ട് പല നിർമ്മലവും ഈ സവാളിനല്ല സ്വർഗമല്ലാത്ത മറ്റൊന്ന് അതിനീ സവാം ഭാവിച്ച് കൊച്ചപ്പെടാൻ നോക്കില്ല സ്വർഗത്തിൽ അതിന്റെ തക്കാരുള്ളൂ ും കാണാൻ വന്നപ്പോള് അതൊന്നും കാണാൻ വന്നു ചോദിക്കുന്നു മൂക്കറോടല്ലേ ചെയ്ത് നിങ്ങളൊക്കെ മുചാരക്കാ നടത്താറുണ്ടോ ഒരു വേദിയിൽ ഒരുമിച്ചുകൂടി ഇരിക്കാറുണ്ടോ എന്ന് വചരിച്ചു കാരാ അപ്പോൾ കാരാണ കാ ചോദ്യ ഉത്തരവരേണ്ടത് അവർ പറഞ്ഞു ലാ നുക്കുദാരിക്ക നമ്മൾ ഒഴിവാക്കാറില്ല നമ്മളെപ്പോ മുതാത്തന്നെയെന്ന് നമ്മളെ മുതാകത്തിന്മാർക്കു അടിച്ച ലാ നുക്കുദാരി അത് നമ്മൾ ഒഴിവാക്കാറില്ല എന്ന് പറഞ്ഞു ആന അസുവാഹിതങ്ങൾ ചോദിക്കുന്നുന നിങ്ങൾ പരചോദിച്ച് തിരിഞ്ഞാ പരസ്പരെ കാണാൻ നോക്കുന്നുണ്ടോ ൂടം എല്ലാവരും സംബിച്ചല്ലോക്കിഞ്ഞിന്നെ ചിലപ്പോൾ കാണാൻ പോക്കും പറഞ്ഞു അതും ചെയ്യാറുണ്ട് അഞ്ചൻ മിന്ന നമ്മളിൽ പെട്ടാണ് അഹ ഒരു സഹോദരൻ ഉണ്ടാക്കും കാണാതാവും ചിലപ്പോ ീഹൻ രണ്ട് കാലം പിടിച്ച് നടക്കും ഇല ആൽക്കൂപ്പത്തി ഊപ്പന്റെ അങ്ങേ തലവരെ നടന്നു പോകാറുണ്ട് ആ സഹോദരൻ അന്വേഷിച്ചു ഒരാടപ്പൂന്ത കണ്ടുമുട്ടുന്നതുവരെ അന്വേഷണം നടക്കുകയെന്ന് അപ്പോഴത്തോ സഹകരണങ്ങളെ പറഞ്ഞു നിങ്ങൾ ചെയ്ത പരിപാടി നല്ലതാണ് ഇന്ത്ത്തും ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഹൈവുമായി ബന്ധപ്പെട്ടവർ യാത്ര വോക്കിന്റെ മൂന്നാമത്തെ കാര്യം കാരണം പറഞ്ഞു ബാസുൽ ഇന്ന് പിടിച്ചെടുക്കല ഇതാ ബോധാനെടുക്കാ കാല സാരി മൂന്നാമത്തെ ഫലം ഞാൻ ബ്രഹ്മിന്റെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ചെലവിൽ പറമ്പോ എങ്ങിനെ തരാൻ വേണ്ടിയുള്ള യാത്ര പറയു പറയേണ്ടതില്ലോ അപ്പോൾ അലൈഹിസ്സലാത്തു വസലാമു അന്ന തലമുൽ ഇന്നി ഫരീദത്തുന്നാ ലക്കുൽ മുസ്ലിമിന്നാണ് പറഞ്ഞിട്ടുള്ളത് രസുമരണ്ടല്ലോ വഖാറ അയൻ തംഗലുകൊണ്ട് വഫുന മുരവ ബിസ്രീൻ ഇദിമിതാറുന്ന മുരവ ബിസ്രീ സൈനിലായാനൻ ശരീന്നോ പറഞ്ഞു അല സക്കറുഹ ഫിൽ ഖുഫി ഹരീതു ഖുതൽ കുനോബി പറഞ്ഞതാകുന്ന അബൂ താലിബിൽ മക്കീന കിതാബന ഖുതൽ കുദ അന്നാ ന മുരവ ബിസ്രീൻ എന്ന് പറഞ്ഞാ നീ ഈ ബാന താലുക്ക ഇത്രേക്കാ പരബിലേക്കാണോ ൂഖത്തില്ലേ അല്ല ഇത്മിലേക്കാണോ തലബിലേക്കാണോ ഉള്ളത് അപ്പോ വന ഉപറഞ്ഞാൽ ഇത്മ് ചൈനയിലാണോ ഉള്ളതെങ്കിലും നിങ്ങൾ ചോടിപ്പിടിക്കാൻ നടത്തും കിട്ടും എല്ലാം തലബ് ചൈനയിൽ വെച്ചയാല് ശരി അങ്ങനെ പലഫുണ്ട് അജീതിന്റെ താല്പര്യത്തിൽ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായി നിങ്ങൾ ചൈനയിലായാലും ചെയ്യുന്ന കാണിക്കും ായാലും ഇനിമത്തേക്ക് പോകണം പക്കാത്ത ചൈനയിലേക്ക് പോകാൻ പ്രയാസം ആയതുകൊണ്ടായിരിക്കണം യാത്രക്ലേശങ്ങളോ പ്രയാസങ്ങളോ ആയതുകൊണ്ടായിരിക്കണം എന്ന് വരണം വർഗമാന ഇസലമാൻ തലക്കാൻ ഇൻമൻ വലാട് ഒരു മാർഗം സ്വീകരിച്ചു ഇവിടെ തലക്ക തരീക്കൻ എന്ന് പറയുന്നതിൽ കാല് നടക്കുന്ന മാർഗം തന്നെ ആവണമെന്നില്ല എന്നാ സുലൂക്ക് എന്ന് പറഞ്ഞ കൽകോണ്ടുള്ള കാ നടക്കുന്ന ഈ സാധാരണ മാർഗില്ലേ വാഹനങ്ങൾ ഓടുന്ന അത് തന്നെ ആണെന്നില്ല അങ്ങനെയാണെങ്കിൽ ഹിസ് ചെയ്യാതിരിക്കുന്നവര് മാനേജിയാതിരിക്കുന്ന ഞാനിപ്പോൾ അതേപോലെ ഇത്താപുറത്തിന് ഇങ്ങനെ മുത്താതെ ഇൻമോളിക്കാൻ ഞാനവിടെ യാത്ര പോകുന്നില്ലല്ല ഒരു മാർഗത്തിലില്ലല്ല മറ്റെ കൺബിന് നിങ്ങടെ പോകും അപ്പൊ കണ്ടിന്റെ മൊത്തം മതി ആര് നിങ്ങളോട് ചോദിച്ചെറിയാതെ ആരും മതി ആരോ ഒന്ന് ഒരു പണം നടത്തുന്നുണ്ട് അവിടെ പോയിട്ട് കേട എന്താ പറയുക ഒരു സുലൂക്ക് തെളിയിക്കാം അത് പിടിച്ചെടുക്കാനില്ല കഴിഞ്ഞു പോയ കൊറേ അറിവുകൾ പുതിയ രണ്ടു ദിവസത്തിലേക്കാ പോകുന്നു എന്നൊരു മതി അത് ആണെന്നുണ്ട് ഈ ഹരിസിന്റെ വ്യാഖ്യാനത്തിനുണ്ട് അബദ്ധതാ റവിയാണ് ഹരീസോ അത് ഹൃദയ മാനവി എന്തു ആകാം തെളിയിക്കാൻ നേരം ഉള്ളൂ എന്ത് തെളിയിക്കുവാം എന്ന സഹല തടിയെ കല സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം അവനെളുപ്പമാക്കണം ഇത്മിന്റെ ഇതിൽ കൂടെ നേരത്തെ നിറഞ്ഞത്തിലേക്കുള്ള ഒരു മാർഗം എളുപ്പമാക്കി എന്ന് തീരുമാനിച്ചോട്ടെ എന്നതാണ് ഏത് ഇത്മാവേജിക്കുന്നു പറയും തരയിൽ അംഗീകരിക്കപ്പെട്ട ഇത്മാകണം എന്നതാണ് മക്കാലം വാർമീനം ായിക്കൊണ്ട് ഒരാൾ അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നില്ല ഇല്ലായിട്ട് മനസ് കണ്ണവന് വേണ്ടി അവരുടെ ചിറകിനെ വെച്ചു കൊടുത്തിട്ടല്ലാതെ ചിറകിനെ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞെന്താണ് മഹിച്ച് നിങ്ങൾ പല വ്യാഖ്യാനും പറഞ്ഞു വളഹ എന്ന് പറഞ്ഞാൽ റഫാന്റെ ഓപ്പോസിറ്റ് എന്താ വളഹ എന്ന് പറഞ്ഞു റഫ വളഹ റഫ് പറക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി പ്രളാന്നാണ് ചെറുകിട്ടാക്ക് എന്ന് വെച്ചാൽ പറക്കല് വേണ്ട എന്നുവെച്ചാൽ ഇൽമിനെ തേടാൻ പോകുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ബഹുമാനം ചമ്മി തർക്കാനും പറഞ്ഞിട്ട് പോണ്ട വേണ്ട പിന്നാലെ നടന്നാ മതി അതും ഒരു വ്യാഖ്യാണ് മരീസിന്റെ വ്യാഖ്യാനത്തിലുണ്ട് അപ്പൊ മലക്കള് ചെറുതാത്തിൽ ഓരോടെ ബഹുമാനം സൂചിപ്പിച്ചുകൊണ്ട് പോലെ പിന്നെ ഇങ്ങനെ പറക്കാനില്ല ഓവർടേക്ക് ഇല്ല മറ്റൊന്ന് വളർന്ന് പറഞ്ഞ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ ബാ നീ നല്ല പരിപാടിക്കാ പോ സ്വാഗതം എന്ന് പറയുന്നു അങ്ങനെ രണ്ടൊപ്പം കൊടുത്താലും കുഴപ്പമില്ല അങ്ങനെ അത് വേറെ ഹരിയിട്ടാണ് ഈ അരീതി പ്രവർത്തനത്തിന് പൊരുത്തപ്പെട്ടതാണ് അവരെ പ്രകടമാക്കുന്നത് അവിടെ മാറവിയുള്ള പോരാക്കും ഒരു ഒരു പ്രശ്നവാദി കുട്ടികൾക്കതവാദി എവിടെയാ പോന്ന് എഴുതുന്നു പിന്ന അരക്കള ചെലവെന്ന് ചൊട്ടിപ്പുറിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കളിയെത്തിക്കുവാണിത് എന്നാൽ നഗര തെരച്ചിൽ പറഞ്ഞു പരിഹാസിക്കുന്നതാണ് കുറച്ചും കൂടി ഞങ്ങളെ അട്ടാർത്ഥിക്കുന്നത് തിരിഞ്ഞോപ്പം നമുക്ക് ബോധ്യം നിർത്തി കഴിഞ്ഞതാണ് പരിഹാസം പാടില്ലല്ലോ പഠിച്ചാൽ പോകാ പോകുന്നതെ പോയിക്കോട്ടെ പോകാത്തവടെ പോണ്ട എന്നം എല്ലാം അതെയാല ആയാള് മാർക്കന വാൻ ഖമീസ ഫർമിയല്ലാഹു അൻഹു ഇദാ ഹബിയ വരീ അപ്പോൾ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേക്ക് പോയി ഖുർആന തങ്ങൾ ചോദിച്ചു യാ ഖമീസ ഈ ഖമീസതെ മാ ജ അബിക എന്താണ് ഇപ്പോൾ വന്നതെന്ന ചോദിച്ചു പോക്കറി നിർത്തും പറഞ്ഞോടത്തല്ല ഏയ് ഉണ്ട് കൊൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ മയസ് വളരെ കുടിപ്പോയി പ്രായം വറക്കാണെങ്കിൽ എല്ലുകളൊക്കെ വളരെയധികം ബലഹീനമായി പ്രായം കുടിച്ചു അതുകൊണ്ട് ഞാനിപ്പം തങ്ങൾക്കിലേക്ക് വന്നതില്ലാഹുബിലി എനിക്ക് ഉപകാരം കിട്ടുന്നൊരു കാര്യം തങ്ങളേക്ക് പഠിച്ചേരാൻ വേണ്ടി അറിഞ്ഞു കേൾക്കാൻ വേണ്ടി ഞാൻ വന്നിരുന്നു മയസ്സായ അപ്പോഴും മുട്ട അല്ലി മയച്ചായിരുന്നു ആന ഞങ്ങൾ പറഞ്ഞു ഏ കബീസേ മറൻ മകരി നടന്നു പോകുന്നില്ല ഒരു കല്ലിന്റെ അടുത്തി അല്ലെങ്കിൽ മരത്തിന്റെ അടുത്തിൽ കുടി അല്ലെങ്കിൽ മണ്ണിന്റെ അടുക്കിലേക്കുടി ഇല്ല അല്ല നിനക്ക് വേണ്ടി അതല്ല പുറത്തല്ല തേടിയിട്ടില്ലാതെ നിന്നെ വെറുതെ ആക്കുന്നില്ല കമീസ പൊളിപ്പോയില്ലേ തന്നെ ഓപ്പർ തുറന്നെടുത്തേ എനിക്ക് കൂടുതലൊന്നും ചെല്ലാനും പറഞ്ഞ് കെട്ടി ചെറിയ നല്ലത് നിങ്ങളുടെ വിചാരിച്ചിട്ട് എന്നാൽ മൂന്നോട്ടം ചിന്തിക്കോ എന്നാൽ എനിക്ക് വെള്ളപ്പാണ്ട് ഉഷ്ഠരോഗം പകർച്ചവ്യാധി മാറ രോഗങ്ങൾ വാസയ്ക്ക് സഹജമായ പട ബലഹീന രീതിയിൽ നിന്നും അള്ളാഹ്ലാമത്തിലാക്കുന്നു എനിക്കൊന്നും പഠിക്കില്ല എളുപ്പിച്ചിട്ട് മൂന്നോട്ടം ചിന്തിക്കൂ ഇതെന്താ പറയുന്നോ അതൊ الدنياയിലേക്ക് അല്ല അഖറത്തിലേക്ക് ഞാൻ പറന്നു പോവാനാണ് എനിക്ക് നല്ലൊരു ദുആയി അതിനെ ബാക്കിണ്ട് നിന്റെ വാക്കിൽ ഈ كلمه तुम्हारे अल्लाहകളുടെ കേക്ക് വന്നാൽ അതിനെ സ്വർഗ്ഗം അൽ മർദാത്ത മട്ടത്തിൽ കൊണ്ടിവരവില്ല അതിനെ ബാക്കിണ്ട് അൽ ഹദീസ് ഒബ്രർ അതിൽ കേറ അൽ ഹദീസ് ഒബ്ര ഹദീസിൽ കേറ അതിനെ ബാക്കിണ്ട് ഇതിനെ ഉണ്ട് വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനാദാ യീലി ദിൽമ യതഅല്ലമുഹു ലില്ലാ ഒരാൾ പുറപ്പെട്ടു വീട്ടിൽ ആ അവനെ പുറപ്പെടുന്നു ഇരുമിനെയാണ് അതിന് ഉദ്ദേശിക്കുന്നത് എന്തിനീ എട്ട മഹോലില്ല അന്നാ ലെ പഠിക്കാൻ എന്നാൽ ആൾക്കാല തുറക്കത്തിലേക്കുള്ളൊരു വാതയില്ലാവിനെ തുറത്തു വെച്ചിരിക്കുകയാണ് ആ പാർട്ടത്തിനു മലായിക്കത്തു മലായിക്കത്തുകൾ വിരിച്ചു കൊടുക്കുകയാണ് അവരുടെ അഗ്നാപ് അവരുടെ പുറം എന്താ ഇതിൽ കൂടി നടന്നു പോകുന്നു അവരുടെ தவத்தல்லத் யானி மரைக்கத்து சமாவாத் யாகாசத்துல மரகுகள் அவனி வேண்டி பொறுக்கနေதடுது ஸலாது ஜெல்னு வரீதanil பஹரி சமுத்ரத்துல மல்சிங்களும் வரில் ஆலிமி அல் ஆலிமுண்டு மினல் ஃபதலி மஹத்துதினா அல் ஆவிதி அல் ஆபிதினேக்கான் என்னது இവിടെ அல் ஆலிமும் அல் ஆபிதும் தர்தம்ல தார்தம் செய்யின்றது இயன் ஆபித ஒரு अत्यावश्य विभाग आवश्यक अत्यावश्यम पढ़ा विभाग से कल अत्यावश्य विभाग से अव बाकी समय वेद विभाग विभाग इन पढ़ी वेल अभाग अल आनिक നീങ്ങൽ അരിമാര്യമായ കാര്യ അറിയുകയും അയാൾക്ക് വാജുപായ കാര്യം ചെയ്തു കഴിച്ചു ബാക്കി തമ്മിയത് ഇൽമമായിട്ടാണ് അയാൾ കെട്ടുകിതാവ് നോക്കല് ചവഹലി ചെല്ലിക്കൊടുക്കല് ഇൽമിന്റെ പ്രകടനം തട്ടിപ്പുണ്ടാക്കന് ഉടലാവാം അപ്പൊ ഇയാൾ ഇഷ്ടമാരണ്ടായി ഇൽമാകുന്ന വിഭാഗത്തുണ്ടായി ഇൽമല്ലാത്ത വിഭാഗത്തുണ്ടായി മറ്റിയത് ഇന്ന് രണ്ടാമത് ഒരുപോലെയല്ല കൽ കമലേക്കൽ ബദരി പൂർണ്ണ ചന്ദ്രൻ ഒതുക്കുന്ന രാത്രിയുള്ള കമുറില്ലേ ആ കമുറു പോലെയാണ് അച്ഛലി കൗതബിൻ തിരിച്ചാൽ ആകാശത്തിനുള്ള ചെറിയ നക്ഷത്രത്തിനെ അപേക്ഷിച്ച് ചെറിയ നക്ഷത്രത്തിന്റെ പ്രകാശമാണ് അല്ലാരി പൂർണ്ണ ചന്ദ്രന്റെ പ്രകാശമാണ് അല്ലാരി നാണു പറയാപ്പാ നഗരി പിന്നെ വാങ്ങുകൊടുത്തു നഗരി പാങ് കൊടുക്കുമ്പോൾ വാദിപ്പോടാ നഗരത്തിരിക്കുന്നു അതിന്റെ സാമാസിക ആൾക്കാർ ഊദ്ച്ച് അതിനുള്ളതാപിയായ കാര്യങ്ങളൊക്കെ ഇനി ഇസ്സാം മകൾക്ക് നേരെ വേറെ പുറന്നാക്കപ്പെട്ട് കൂട്ടിയില്ല പക്ഷെ മകളെ രണ്ടാളും അടിപൊളി വരിക രണ്ടാളും ഇമാമുന്റെ മാറ്റി മസല എന്താ പഠിപ്പിക്കോ അല്ലാരി പോയിട്ട് എന്താക്കി മകൊടുക്കോ ഇസാമുന്റെ തരത്തിൽ അരിമു വച്ചു കഴിഞ്ഞുകൂടി മറ്റാള് ഒരാജിനെ സക്കാർക്ക് മസല ഒരാജിനോട്ടി രാജ്യം വച്ചിയത് അല്ലാട്ടില് രണ്ടാളും കൂലി വാങ്ങുമ്പോ പറയിലേക്ക് മടങ്ങുമ്പോ അരിച്ച കൂലി അല്ലാലും കൂടി കൂടുതൽ ചന്ദ്രനെ പോലെയുള്ളത് മദ്യാത്തോക്കവിനെ പോലെയുള്ള അതോ രമാറസത്തു അമ്പിയാറ് അൽമാകാരാണ് അമ്പിയാക്കൾ അനന്തര പകാക്ഷികളാണ് ഇന്നലിയാലും അമ്പിയാക്കൾ അനന്തരമാക്കി വിട്ടത് ദൃഢമല്ലാണ് അവർ അന്തരം ആക്കി കൊടുത്തിട്ടുള്ളത് അതാർക്കെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സമ്പൂർണമായ സൗഭാഗ്യ മകൻ കൈകല കാർഷ്യനാണ് മരണം എന്നത് മുസീബത്തത് വലിയ മുസീബത്താണല്ലോ പരിഹാരം കാണാൻ കഴിയൂല ൂർദേ ആലം കുമലി മൗസ ആലം ആലം കല്ലോ അടക്കാൻ പറ്റാത്ത ഒരു വിടവാകുന്നു സമുദായത്തിൽ ആ വിടവ് അടയ്ക്കുന്ന സമയൂല ദൂരത്തുനിന്ന് കാണപ്പെടുന്ന നക്ഷത്രം എന്നുവെച്ചാൽ അവരെ ആ കതിര് ഗ്രഹിക്കാൻ പറ്റാത്ത ദൂരത്ത് കിണങ്ങുന്ന നക്ഷത്രത്തിന്റെ ആ ഹൈരത്തും മാഹയ്യത്തിന്റെ വലിപ്പൊന്നുണ്ടാക്കുന്നില്ല പൂർണ്ണ ഉൾക്കൊള്ളിയും പ്രകാശം കൊള്ളാമെന്നല്ലാതെ ഇതുവരെ അല്ലാമിനുള്ള നൽകിയ സ്ഥാനവും അതിന്റെ കൊതായികളും ദൂരത്തിനെ നോക്കാമെന്നല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ടെടുക്കാൻ പോലും എന്തെന്താണ് തമ്പുരാൻ നബീദുൽ മൽഖം ഉത്പദത ദ മൗതു ഖദീലത്തി വ ഖദീദ മുദവ നിമദികാ എന്നതുമായിട്ട് അദ താരമില്ല അദ വക്കാം മി മൗതി ആലമിൻ വ അരിമിൻ നവരതിനേക്കാൾ ഇല്ലിക്കട്ടെ വൽ മുറാദു ബിൽ ഇബ് ഇൽ ഹദീഥർ നേരും ഹദീഥിൽ എന്താക്കരുത് പറയാ ഇ Ilmu ilmu ilmu വം ആ ഇ Ilmu എന്നുള്ള മുറാദു ഏത് ഇൽമാനു അത് ആണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം അതിൽ അല്ലാ ലെ കൊണ്ടുള്ള അറിവ് അന്ന് കണ്ണൂർ വന്നോ കുടിച്ചോറിച്ചുള്ള ഇൽ ഹറാമാണ് ഇന്നത് വാജിബാണ് ഇതൊക്കെയാണ് ആ നാസിയെ സാദിക്കായ ഒരു മുകളിൽ ിൽ ആബിലേ എന്ന് പറഞ്ഞില്ലേ ഏതാവിൽ ആലിമും ആദിലും തമ്മിൽ തൂക്കം നോക്കിയില്ലതാ ആ അല്ലാബിലാരാണ് അല്ലത് ഇങ്ങനെ ആലിമും ആലിമിനെയാണ് അദ്ദേഹത്തിനേക്കാൾ തഫീൽ അംഗപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ആബിലോടുള്ള മുറാദ് അൽ ആ ബിദിൽ ഹാസിൽ മുഹമ്മിന്റെതായി പറഞ്ഞു അവന്റെ പറശ്യമായ വാജിബായ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു പുറമു വീട്ടാൻ ആവശ്യമായ എന്തെല്ലാം ആദ്യമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം കരസ്ഥമാക്കിയിട്ട് കരസ്ഥമാക്കി ചെയ്യാൻ വിഭാഗത്തെടുക്കുന്ന ഒരു ആബിദാരാണോ ആ ആവിധ ആയിട്ടാണ് നമ്മുടെ മത്സരം മത്സരം ആ അതുകൊണ്ട് പല തെക്കഅത്തിൽ ജാഹിരാണ് ആ ജാഹിഭാഗത്തെ വെച്ചിട്ട് ജാഹിരന്റെ ഇഭാഗത്തെ ഈ ഹജിനി അവന്റെ മടിക്കത്തിന് ഇരിക്കട്ടെ അത് നമുക്കൊരു ആവശ്യമില്ല കാരണം ജാഹിര എന്തോ കണ്ടുകൂട്ടിയാണ് ആര് ഇങ്ങോട്ട് തൂക്കം നോക്കാൻ മാത്രം ചോദിക്കുന്നു അവന്റെ മടിക്കട്ടെ ഇനി വൻ ആർഡിമോ ഈ അല്ലിമെന്ന് പറഞ്ഞില്ലേ ഏതല്ല ആബിദിനുമായി താരതമ്യം ചെയ്ത അൽമിമുൾക്കൊള്ളില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള പ്രത്യേക അളികളെ രക്തമാക്കിയ ആളും അതിൽ പൊട്ടു അതായത് മഹോൽ മരി അതായിരിക്കും മൊലിയു എന്ന് പറയുന്നത് അള്ളാഹ് അതിനെപ്പറ്റി പ്രത്യേക സ്പെഷ്യലിസ്റ്റ് ചെയ്തതിനെപ്പറ്റി വ്യക്തമാക്കി അത് മൊരിമില്ലായി അള്ളാഹുബിന്റെ ഹക്കാമ് കൊണ്ടറിയുന്ന ഫക്കീഫ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കൊടു പതിക്ക് ബഹുവല്ലാഹി മുഅ്മിൻ ആമീലു മുഖ്രിസ് അദാറാന മുഖ്രിസായി അമലൈ സഈന അലീമായികാം എന്നോ അപ്ര ഇലടെ ബരോ ജതിന القانونീന നൈമാവതി വടി ചി ഇടെ കാണാൻ പാട അതി വെറ്റുകൊണ്ടൊന്നും ഇര മനസ്സുന്നില്ല റബ്ബ തആലം റാബി ഉഹാ സബർ കൊണ്ടുള്ള ഫായിദന നാലാമത്തെ കാനി വിബാസുൽ അസർ ഹദീസ തെഗരികൽ എന്നതാ ഒരു ചരിത്രങ്ങളും ഹദീസുകളും മഹാൻമാരെ കേങ്ങി പോയതു ഇവിടെ ആരെ ജീവിച്ചിട്ടുണ്ടെന്ന് ഈ ചരിത്ര ഇതിനും വിൽക്കാത്ത ഹബീദില്ലേ അതിപ്പോ ഇരുന്ന് പഠിക്കലിൽ പെട്ടില്ലേ അതിന് പറഞ്ഞു രണ്ടും രണ്ടാഴ്ച നടക്കാം അവിടെ അത് ഇരുന്ന് പഠിക്കലിന് പുറമെ ഹാസ് ഇത് കൊത്തുകൂടാറുണ്ട് ഇങ്ങനെ രണ്ടും രണ്ടാഴ്ചയിലുള്ളൂ അതാ ഹദീസിന്റെ ഹബീസ് എന്ന് അർത്ഥം വെക്കാം അപ്പൊ പവരു സഫരി അതിനേക്കുള്ള സഫറിന്റെ പൊതില് സഫരിമിനേക്കുള്ള സഫറിന്റെ പൊതില് പോലെ തന്നെയാണ് ണല്ലോ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് എങ്ങത്തെ അമിന്ന നമ്മളെ വക്കൽ നിന്ന് വല്ലതും കേട്ട് വാസ്യത്തോടുകൂടിയോ വാസ്യത്തെ ഇല്ലാതെയോ രണ്ടും സാമിലാക്കും എന്നാണ് സാര പറയും അപ്പൊ നമ്മളെ മാത്രം മുന്നോട്ട് എന്താക്കും താരത്തെ വിടുന്നു അങ്ങനല്ല വാസ്യത്തോട് കൂടിയോ വാസ്യത്തെ പറഞ്ഞു വാസ്യത്തെ തനഗഹിയാവണം സഹിഹായ തനത്തോടുകൂടി വാസ്യത്തെ കൂടി കേട്ടോ ഹതി നിങ്ങൾ കഥപ്പെടുത്തും ചേട്ടോ എന്തെങ്കിലും കേട്ടോ ഹതി ഹരി ചേട്ടാ പൊമ്പോ അത് വേറെ ആ ദേശിച്ചുകൊടുക്കും എങ്ങനെത്തിക്കണം കമാസന്ന് ചേട്ടത് പോലെ കയറ്റാനും പറഞ്ഞില്ല കൊടുക്കാനും പറഫുദ്ധ ഹരീതിന്റെ ഹരീത്ത് നിങ്ങൾക്ക് ലഭ്യത മാറ്റം വരാൻ പറ്റില്ല പറഞ്ഞത് എന്താണ് അതെല്ലാം ഇങ്ങോട്ടും കാട്ടിട്ട് കുടിച്ചെടുക്കും ഗുണം നോക്കില്ലേ അതിനെ അധാറാക്ക പറഞ്ഞുകൊടുക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ അരീതി മാത്രം വാങ്ങിച്ചിട്ടുണ്ടാവും നിങ്ങൾ നൽകിയൊരു ചിറ്റൽ ആ ചിറ്റന് അതിനെ വിപുലീകരിച്ചിട്ടുണ്ടാക്കും വലിയ ഒരു കൂമാരൻ ഉണ്ടാക്കിയിട്ടുണ്ടോ വിചിറ്റി നമ്മൾ ചിലപ്പോൾ യോഗം കുറവാക്കും ചാറ്ററി കൊടുക്കും രാത്രി മെഡൽ ഉണ്ടാക്കുന്നതാക്കും അയാൾ വിപുലീകരിച്ച് തങ്ങളെ മാതിരി എന്താക്കും വലിയ ഫാക്ടറി ഫ്രാൻസിന് ഞങ്ങൾ എന്നെ കൊടുക്കുന്നതാവും അന്ന് കൊടുക്കണം അപൂർവ മൊബൈൽ ലാംഗ് എത്ര മൊബൈൽ ലാഗുണ്ട് എത്തിക്കപ്പെട്ട ആള് ആ അദ്ദേഹം കൂടുതൽ കാര്യം ഉൾക്കൊള്ളുന്ന ആളായിരിക്കാം നീ കേട്ടു പോയ ആൾ കാണാം നമ്മൾ കേട്ടിട്ട് അതുപോലെ എന്നിട്ട് പറഞ്ഞു കൊടുത്ത് അതിന് മുൻകൈ ഇന്ന വീമം കിട്ടിയപ്പോ എന്തായാലും അറിയോ അതിൽ കൂടി ഇന്ന് ഇന്ന് ഇന്ന് ഇന്ന് കാര്യങ്ങളുണ്ട് വിധിക തപ്സീലാക്കി നോക്കുമ്പോ വലിയ വീമിന്റെ ഒരു മണ്ണകല്ലേ സതാ ഒറ്റ അരിച്ചായിരിക്കുന്ന മരവി അവിടെ എത്തിച്ചു കൊടുത്തോ ആരെയും എത്ര മാത്രം വിശാദമാവുന്ന പറയാനിയില്ല ചിലപ്പോൾ ഒറ്റ വാഗം പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വിരാത്തിന് വക്കമ്പിലെത്തുന്നുണ്ടി കട്ടാണ് ഉൾക്കൊണ്ട് മനസ്സിൽ അവന് പ്രകാശം നൽകട്ടെ സ്വപിപ്പിക്കട്ടെ അഞ്ചാമത്തെ മമാലിമിന് മടക്കലാണ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മമാലിമിന്ന് നൊന്ന് മടക്കൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചാരിയും അഹമ്മദ് ലോഹവും തമ്മിൽ ഫിരാ ഫബുൽ മലാലി എന്ന് പറഞ്ഞ എന്താ മായനെ പോകുന്നെങ്കിലെന്ന് പറഞ്ഞാൽ കുപ്പിച്ചോ ഒരട്ടെ വസ്തപ്പുറ ലാടിക്കപ്പുറമൻ അക്രമിക്കപ്പെടുത്തപ്പെട്ട വേറാടല്ല അക്കടവാടലുണ്ടെങ്കിൽ മടങ്ങിക്കൊടുക്കലും പുറം ആണല്ലോ അപ്പോൾ ഇരാക്കാനും പക്കേരി ഒരു പക്കേ എന്തെങ്കിലും ധൈര്യൻ ഒരു കടലുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊരുത്തപ്പിടിക്കാനുണ്ട് അക്വന്തി പാതുണ്ട് അപ്പൊ ഇസാഹുർ ഇരയി അപ്പൊ നോക്കണം അത് കൊടുക്കാൻ വേണ്ടി കപ്പറ <re> ു ഒന്നേക്ക് തിരിച്ചേൽപ്പിക്കാൻ അവർ അല്ലെങ്കിൽ അതിനു തൊട്ട് പൊരുത്തം കേടാൻ മതികാരമാണ് തുലമി അർത്ഥം കൊടുത്തത് റബ്ബുൽ മദാലി അർത്ഥം കൊടുത്തത് കേട്ടാ വനസ് എന്ന് പറഞ്ഞാൽ എസ് പറയാ കുമ്മനബിൽമി കുമ്മ മുമ്പ് വിദ്യാർത്ഥത്തിന്റെ എല്ലി ഉണ്ടെങ്കിൽ തുമ്മസിയാറത്തിൽ വൽമട്ട അങ്ങനെ പറഞ്ഞു പോന്നിട്ട് തുമ്മിറത്തിൽ മഹാദിനിഹലാൽ എന്ന് പറഞ്ഞത് അപ്പൊ ഇഫ്തെഹലാൽ എന്ന തൃപ്പ് ചെയ്യുന്നു മനസ്സിലാവുന്നുണ്ട് അക്രമിച്ചെടുക്കപ്പെട്ട അന്യഅ അന്യാനപ്പെട്ട സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കാനും ഗൊട്ടം തേടാനുമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് ിൽ ആംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കും അപ്പോ നമ്മുടെ ബൈസിലിട്ടല്ലോ ബൈസിൽ പറഞ്ഞ അതേ ലസ് തന്നെ ഇവിടെ വന്നത് എന്നാൽ കസ്തീരടി മൂബർക്ക് ഒരു തറബു വന്നു ഒരിക്കൽ പറഞ്ഞ് ഇങ്ങനെയാവാ ഇന്നത്തെ പറഞ്ഞ് ഇങ്ങനെയാവാം നമുക്ക് അബ്ബരൻ ആദ്യമായിട്ട് ഊപ്പർ അർത്ഥം എത്തെങ്ങനെയാണെന്നറിയോ റബ്ദുൽ മദാലിമിന്നി അല്ല റബ്ദുൽഒലിബാദി ഭാവി അൻബാബിയും വേറെ എവിടെയോ ഉണ്ടാകുമ്പോഴും പരസ്പര അക്രമം കലാപങ്ങളും കുഴപ്പങ്ങൾ നടക്കുന്നു അവിടെ പോയി സമാധാനിപ്പിക്കാണ്ട് അവിടെ അക്രമം ഒന്നും ചെയ്യല്ല ഞങ്ങൾ ആ സദാരിമാരാണ് ജീവിക്കുന്നു മോട്ട് പറയുകയും പറഞ്ഞു കൊടുത്തിട്ട് മലാലിമിന്നിന് പിൻബലപ്പിക്കാൻ അങ്ങനെ അർത്ഥം കൊടുക്കാമെന്ന് ആരും പറയുന്നു അന്ന് വെറുപ്പ് തുടങ്ങി ابن دا یوجہ علاوہ من تغیر المنکر ابا منکرنا ویروذیکل نے ادھو دے کے اترا من المعروف نہیں من منکر بابائیں نگارم اکرم برطرف ہے جیےردے کہ ظاہرا ما کہ نیونتے ارے مارکلن بوچی بھری ہے نا و قال هذا و قال هذا نک ما ہنوں یہ دلار کو صادق نہیں ہے اگر نہ کو صادق نہیں ہے اللہ نے بنایا مستنفر احمد کو قبروں میں അത് അനാമി ഞങ്ങൾ ആരിക്ക അത് സാധ്യമാകെന്നാക്കാണേ അവർ ചെറുതും അവനവന്റെ നീന് തന്നെ കോട്ടം വരാത്ത രീതിയിൽ അഴിക്കണം പോകും അങ്ങനെ സാധിക്കുമെങ്കിൽ പൊലിക്കോന്നു അതും അതെ ബാബൻ തന്നീരൽ മുൻകലെന്ന് ബാബലിന്ന് അറിയപ്പെടൂ സാധ്യമാകുന്ന ആക്കിയ രുചി ഉള്ളൂ പൊലത്തു ഏ ശാരീരി പറയട്ടെ വനവ് അമനഹു അലാ റബ്ദി ബിശപ്പാത്തി ആരോടെങ്കിലും ചപ്പാത്തി ചെയ്തിട്ട് അല്ലെങ്കിൽ പണക്കണ്ണ നന്നാക്കല് ഇഹ് ചെയ്യല് എന്ന രീതിയിൽ അയാള് അതിനെ ചുമത്തുകയാണെങ്കിൽ അത്ര അത് കൊച്ചുകൂടി ഉണ്ടാവും ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇന്നത്തെ ഒരുമു നടക്കുന്നുണ്ട് നിങ്ങൾ ഇടപെട്ടിട്ട് കനിയാക്കണേ നിങ്ങൾ നിങ്ങൾ നോക്കി നാ പറ്റൂലെ എന്നൊക്കെ പെരുമാറി ഏതൊക്കെ വിധി പറയാം അങ്ങനെ ചുമത്തിയാണ് നല്ല അപ്പൊ മയക്കൂനോ പറ്റാരിക്കൽ കാമിനും കളിക്കാനിടക്കും നമ്മളെ പൊട്ട പുള്ള പോയിട്ട് പറഞ്ഞാലേ അതെട്ടു കുറച്ച് വലിയ ഒരാളാണ് ആ രംഗത്ത് ഇറങ്ങേണ്ടത് വലിയ ഒരാളും കൊണ്ടന്നില്ലെങ്കിൽ പിന്നെ അവ പിള്ളർവ് ഉണ്ടെങ്കിൽ അല്ല കാര്യം പ്രസക്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് അനുസരിച്ചില്ല നമ്മൾ തൽ ഗവൺമെന്റ് ആ ഇനി ആംബുലൻസ് വന്നിട്ടുള്ള അർത്ഥം പറ്റങ്ങനാ അമല താഴ്ന്ന രണ്ടാമത് ഉപ്പ് അർത്ഥം കൊടുത്തങ്ങനെ അരാ മാക്കൊല്ല നമ്മൾ പറഞ്ഞ പോലെ നീ ബ്രാദി ആക്രമിക്കപ്പെട്ട കാലങ്ങളൊക്കെ തിരിച്ചേൽപ്പിക്കാൻ ഒറ്റപ്പെടിക്കാൻ വേണ്ടി പോക്കു അക്രമിക്കും പിന്നെ അവരുടെ നമുക്ക് മൂന്നാമത് അർത്ഥം എന്താ പറയുക പ്രകൃത യുദ്ധിയിലൊരു സിറാറമീന നുന്മി നുൽമിൽ നിന്ന് ഓടരക്ഷത് മാറാമല്ലോ ബുധം നുൽമുക്ക് ബാധിക്കാതെ ഓടരക്ഷൽ എന്തുകൊണ്ട് ഫൈനൽ മൂന്നൽ ആയിരത്തി മോഹമിനി ആടെ പോയി മർദ്ദനായിട്ട് കഴിഞ്ഞുകൊണ്ട് ആവശ്യമൊരു നൊിൽമിൽ നിന്ന് വിജറോക്കോട്ടെ தவக்கத கறனல யா இபாதியல்லին அமின் அர்தி வாசியத்து ஃபஹியா ஃபஹதுன் என்ன மோமி விதாரமானங்கள எwebdriver ஹிஜ்ராயி கோனல்ல அல்லாஹ் கூறுது இந்த காரா விதுவல்ல அன்த குன அமல்லாஹி வாசியத்து ஃபத்ஹதிரோ ஃபீஹா அல்லாஹ் இந்த அர்து வாசியல்லே நீ ஹிஜ்ராயி கூடை ஏனி நாராமத் அர்தம் பர்லி வக்கதீருல் திரான மிலல் மஹல்லில்லதி யம்ல் மாராயதயி இவண்ட கையினானந்தாய் தேரும் നടന്നുപോകും അടക്കൂടിയാലും നമ്മുടെ കൂടെ എന്താക്കും നമ്മുടെ ഭായി ഏറിപ്പോകൂ അല്ലെങ്കിൽ നമ്മുടെ കൈ കറിപ്പോകൂ അതുകൊണ്ട് ഞാനിതാ പോകുന്നു ഞാൻ ചെറുക്കുന്നില്ല ഞാനിവിടെ നിന്നാൽ എന്നെ കൊണ്ട് തിരിച്ചുണ്ടോ അങ്ങനാകാം പിറ അറി ഇബ്രാഹിം അതിനും പ്രതി ഓടിയ കോരെ ഇന്ന് ഇറന്നു ഇനി മോറെ ആട്ടിൽ നിന്ന് ഇനി ആടെക്കുന്നില്ല ഇനി അങ്ങനെ പരാതി പോയിട്ടുണ്ട് മാത്രമല്ല വെക്കമാല്ലി കത്തരത്തി തൊണ്ണൂറ്റമ്പതാളെ കൊന്നൊരാൾക്കെന്താക്കി നൂറാളെ കൊണ്ടൊരു പൂർത്തിയാക്കിയില്ല തമ്മ കമ്മിത്ത ബില്ലാവിൽ ഒരു ആകെ കൊണ്ട് നൂറ് പൂർത്തിയാക്കിയില്ലേ ഇങ്ങനെ ഉണ്ടെന്ന് അറിയിക്കപ്പെട്ടു അറിയിക്കപ്പെട്ടപ്പോൾ ഈ കുറ്റം ചെയ്ത നാടുണ്ടല്ലോ അവിടെ നിന്നും പോയിക്കോയി ചീച്ചയായ നാടാണ് അവിടെ പോണ്ടാവുന്ന വഴിയില്ലേ അങ്ങനെ ആ രീതിയിലും ആക്കാം ഇപ്പൊ ഹരിതങ്ങളായ അർത്ഥം ഒരു വാക്കാണ് റബ്ബുൻ മണ്ഡാലിയിൽ എന്നത് വന്നു ഈ പറയപ്പെട്ട അഞ്ചർത്ഥവും ലഫുലിന് ലഫുന്റെ അർത്ഥം പക്ഷേ സാധ്യമാണ് പക്ഷേ ഇവിടെ മുറാന്റെ അർത്ഥമെന്ത് നമ്മളിവിടെ ആവശ്യമുള്ള അർത്ഥം ഏതാണ് വാമൽ പ്രഹു വല്ല മക്സു ഏതാണ് ആദ്യം പറഞ്ഞത് ഇത് ബെച്ച പഠിക്കുന്നു എന്തുകൊണ്ട് അതാണല്ലോ സുരന് പറഞ്ഞത് സുരന്ദിന്റെ ഇവാഹത്തിന് ബൈസാക്കിയതാണല്ലോ മുത്തന് ഇവിടെ ചെയ്തത് സുലമിന്റെ കിതാബിന് അടിസ്ഥാനമാക്കിനല്ലേ ബൈസാക്കിയത് ആ ബൈസിനോടൊക്കണമെങ്കിൽ തോന്നും സുലമിയോടൊക്കണമെങ്കിൽ പതിവ് എന്താണ് മാലി സുലമി സുലമി എന്താണോ പറഞ്ഞത് അഞ്ഞോട് ചുവടപ്പിച്ചു പോക്കാണല്ലോ മൂന്നര പരിപാടി അപ്പൊ സുലമി പുറത്ത അർത്ഥമേ നമ്മുടെ മുറപ്പാക്കാൻ പറ്റുകയുള്ളൂ ആറാമത്തെ കാലം അലിയായ അവന്റെ കഫറിൽ കണ്ടുമൂട്ടുന്ന പല കാര്യങ്ങളുണ്ട് ജിബാരുണ്ട് അൻഹാറുണ്ട് വിഹാറുണ്ട് അച്വിധങ്ങളായ അഫുഖാത്ത കാശം കൂടെ അവരല്ലാം പോണോന്നാ പറഞ്ഞു മൃഗങ്ങളെ പോയിട്ടില്ലേ വിവിധങ്ങളായ മൃഗങ്ങളെ കാണാൻ പാമ്പ് എന്തെല്ലാം ജീവിതങ്ങൾ എന്തെല്ലാം അജായിബുകള് എന്തെപ്പോയി കാണും പെണ്ണും കാണാൻ തന്നെയുള്ളൂ അച്ഛനെ കൊണ്ടുതന്നോ ഇപ്പൊ വേറെ വന്നു പറഞ്ഞ വിലക്കം പറഞ്ഞു മത്സ്യങ്ങളോ ആരെയും കുത്തിനെയും പറ്റി പറഞ്ഞു പല മത്സ്യങ്ങളും ആ അപ്പൊ അതെല്ലാം കാണുമ്പോൾ തങ്ങളിങ്ങനെ പറഞ്ഞില്ലേ ഡോർഫിന്റെ ചരിത്രം പത്തി വണ്ടീന്ന് പറഞ്ഞൊന്നും ഇണ്ടാ അതെല്ലാം കാണണമെങ്കിൽ കേട്ടാ പോലെ കണ്ടിട്ട് വരണം അനുഭവിക്കണം അതിൽ നിന്ന് അപ്പൊ തങ്ങളിങ്ങനെ അങ്ങനെ ഒരു ജീവിയെ പറയുന്നുണ്ട് ആ ജീവിക്ക് കാലാവസ്ഥാലഞ്ഞാല് ിൽ തീവ്രിരിക്കുന്നു കായി വന്നിട്ട് അന്നാദോ അജു ഇങ്ങനെ പലതരത്തിലുള്ള മരങ്ങള് പുഷ്പങ്ങള് തോട്ടങ്ങള് അജീബ നമ്മളെ നാട്ടിൽ കാണാത്ത പലതും കാണുമ്പോ അള്ളാ ഹിബിന്റെ ആ കുതിരത്തും അവന്റെ അജായ്മും സുഹൃദിനെന്താക്കും വല്ലാത്ത എത്തിപ്പാർ കിങ്ങനെ വന്നിട്ട് നിറയുന്നതാണ് ഫ്ലുറോബിൽ കായന വകത്തോ എന്നീ ഹാദാ തപ്പി ബീക്ക് എന്തെല്ലാം കപ്പന്റെ അതിൽ തന്നെ ഗരുതണം സഹോദരനെ കാണാനാകുന്നു പിന്മാറിക്കാനാവൂന്ന് ഇതൊക്കെ പറഞ്ഞ് നീ അതിൽ തന്നെ വെക്കണം ഇവർക്ക് ഒത്തിരി പോരാ ആറാമത്തേത് കത്തിമൂന്ന കേറി ഇത് എന്റെ പ്രസിദ്ധി എവിടെയും വേണ്ട ഒരു തരത്തിൽ കഷേരട്ടി ഇന്നാ അവിടെ ഒരാളുണ്ട് ആളെന്ന് വരാൻ തുടങ്ങി എല്ലാം ചെല്ലില്ല പണ്ട് അവിടെ പോയാൽ കാണൂല പോലെ നാട്ടിൽ വന്നു അവർ പോയാൽ കാണുന്നെങ്കിലും പോലെ െങ്കിലുമാണ് ജനങ്ങളെ കണ്ണീരിന്ന് ഇവൻ കൊഴിഞ്ഞാത്ത കാലത്തോളം മിഹ്ലാസ് തഹസുല ജനങ്ങളെ ബന്ധിക്കുന്ന ഓരോ കൊണ്ടാലും ജനങ്ങളെക്കെ നല്ലോ ഒപ്പിച്ചൊപ്പിച്ചു കൊണ്ടപ്പോണം മിഹ്ലാസ് ഉണ്ടാവൂല ജനങ്ങളെ കണ്ടെങ്കിൽ മുന്നോട്ടെ ി ജനങ്ങൾ ഇവന്റെ കണ്ണിൽ നിന്നും കൊഴിഞ്ഞു പോകണം വന ചക്ക സംശയമില്ലാ നവില തകവ പിന്നുദാരി പല നാടുകളിലായിട്ട് ഇവൻ ഹരിബായി തീർന്നു കഴിഞ്ഞാൽ ആയതോ നാട്ടിലോ ആയതോ ഒരാളോക്കുന്നില്ലല്ലോ പരിചയമില്ല അപ്പോ ജനങ്ങളിടയിൽ പ്രത്യക്ഷമാവുന്ന തൊട്ട് അവർക്ക് എത്തപ്പെട്ടു അല്ലടി എങ്ങനത്തെ ബുഹൂറാണെന്ന് കാസിമുൻ ദുഹൂർ പ്രാഥമിക്കലി നുഹൂർ അല്ലടി ഹാസിമുൻ നുഹൂർ ഈ ബുഹൂർ ബഹറാന മറ്റൊരു മെഹുലിന്റെ ജമ്മിൽ കോം പൊളിച്ചളയുന്ന തരത്തിലല്ല മുനുകൽ ഒടിച്ച തരത്തിലുള്ള ആ തൊട്ട് പ്രാമത്തെ കോമൽ തൊമോർ എത്തരത്തിൽ ഈ പ്രസിദ്ധിയില്ലായ്മ എന്ന തൊമൂലുണ്ടല്ലോ മക്സൂദ് അടുക്കൽ അത് വലിയ മക്സൂദാണ് ഹിന്ദി ലായാത്തി പ്രാരംഭത്തിൽ നിഹായാത്തിൽ അത് രണ്ടൊരു കാര്യം തന്നെ പറ്റ മസൂദല്ല നിഹായത്തിന്റെ വലിയ സ്ഥാനത്തെത്തി ന പ്രതി ആയാലും ആയില്ലെങ്കിലും എനിക്കൊരു മാധ്യമം തുടക്കത്തിലാണെങ്കിൽ ആ മസ്സൂദായി അല്ലെങ്കിൽ ആ അതിന്റെ മൂപ്പത്ത് നിന്ന് കുഞ്ഞിട്ട് അതിന് കൈകഴിഞ്ഞു പോവും എട്ടാമത്തെ കാര്യം നസീൽ ജാഹ ആണ് പറഞ്ഞത് അത് കൊമൂൽ വന്നല്ലേ മൊമൂ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി ഇല്ല അതിന്റെ തന്നെ ജാഹിനെ കളയൽ പ്രസിദ്ധിയെ കളയൽ എന്ന് പറയുന്നത് ആണല്ലോ അത് പറയുന്നത് മുറുവക്കലിവ കൊമൂൻ ഇപ്പം അഞ്ചുകാരും വ്യത്യാസമുണ്ട് എന്താണെന്ന് അറിയോട്ടൽ കൊമോലി കൊവല്ലി ലഞ്ചക്കുഹു ജാഹു ഈ ഹുമ്മൂറിന്റെ കരുതൽ ആരാണ് ഇതുവരെ ജാഹ് ഉണ്ടാവാത്താൽ ഉണ്ടാവല്ലാന്ന് കരുതലാണ് ഏത് കുമ്മൂലി ഉണ്ടായി പോയാൽ എന്തിനെ വിട്ടിച്ചു നിൽക്കലാണ് ഏത് നഫീൽജാഹു പറഞ്ഞത് അതാധ അയക്കാല കുമോ നിൽക്കലി നഫീയുൽ ജാഹു എന്ന് പറഞ്ഞ ഹുബന്നദി കാനത ഹുജാൻ നേരത്തെ ജാഹ് നിലവിൽ ഉണ്ടാക്കാൻ കളയെന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ നീങ്ങി പോകണം എന്ന് കരുതുന്നു അവരൊക്കെ കണ്ടതല്ല ഒന്ന് ഉണ്ടായിപ്പോലാ നേർത്തി മറ്റൊന്നുല്ലാ ജാഹ് കുറഞ്ഞു വിട്ടു തോന്നിയിരിക്കുന്നു എണ്ണ രണ്ടായി ഒരാൾ അറിയാത്തൊരു നാട്ടിലേക്ക് കപ്പറു പോയി കഴിഞ്ഞാൽ പല ഹാലിമ് തഹസീവ് കൊമോ തെഹസീക്കാകുമെന്നാണ് വാലിന് ഉള്ളത് അപ്പൊ എന്തോണം വയമ്പതിമഹു അപ്പൊ പേര് മറച്ചു നോക്കണം ആളെ തീണ്ടില്ലെ ഗുരു നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാൽ ആ പേര് കുടിച്ചു ആ ആ പറയപ്പെട്ടാളിങ്ങോ നില പേര് വരാൻ പണ്ടാം അതെന്തെങ്കിലും പറയാം അങ്ങനെ ഇച്ചിരി ഉണ്ടാവും പേരിനോടുണ്ടാവും നിങ്ങളേതോ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ ഇവിടെ ഒന്ന് വിരാൻ ഞെട്ടി ോക്കി പോണം യൂറോപ്പ എന്നിട്ട് അബ്ദുല്ലാറിയ അടിയന്താടാ അബ്ദുല്ലാഹി റഹ്മൻ ഇതാ ഊരിപ്പാ അറിയപ്പെട്ട് കഴിഞ്ഞു പോയെങ്കിൽ എന്താ മഹറീനു ഇവരെന്തിൽ നിന്നാണോ ഓടി രക്ഷപ്പെടാൻ നോക്കിയത് അതോടെ പാഞ്ഞു കുടിക്കാൻ നിക്കും നാട്ടിന്ന് എന്തുഷ്ടപ്പെട്ട ഓടി രക്ഷപ്പെട്ടത് അതാടോ അപ്പോ ഹറബ നോക്കിയ റജ ഇല മാറമിന്നു എന്നാണോ ഇലി മാഹറബ മിന്നു എന്നാണോ ഉള്ളത് ഇരയി രണ്ടാലും അസ്വപ്പിക്കാം റജ മടങ്ങി വരും എന്ത് മാഹറബ മിന്നു എന്തിൽ നിന്നാണോ ഇവൻ ജോലി രക്ഷപ്പെട്ടത് ആ പ്രസിദ്ധി ആ പ്രതി ഇവനിലേക്ക് തിരിച്ചു വരും എന്നാകാം അപ്പൊ റജ എന്ന പായുലാരായി മാഹറബ എന്തെങ്കിലോ റജ ഇവൻ മടങ്ങും എവിടത്തിലേക്ക് ഇനാമ ഒന്നിലേക്ക് എങ്ങനെ തോന്നുന്നു ഹാറാങ്ങും നിന്നാണ് ഇവർ തോന്നിയിട്ടുള്ളത് കറുല്ലാമ പറയെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ ജാ ഏതാണ് അൽ മുറിവു നമ്മുടെ ധീനന്റെ ശല്യം ഉണ്ടാകുന്ന തരത്തിലുള്ള ജാ ആണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നിരുന്ന ഒരു ജാഹ ഉണ്ടാവേ പ്രശ്നമല്ല ധീരിന്റെ ഓട്ടം ഉണ്ടാവില്ല അതിൽ ജാ യുവതിയും മാർഗത്തിൽ കൂടി അല്ലാതെ സംഭവിക്കുന്ന ജാഹാൻ ഉദ്ദേശിക്കുന്നു അതിനാണ് എത്തിക്കുന്നത് അതിൽ യുഷാമിന് ഇഹാമൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നേക്കും ഒരു അങ്ങത്തെ ജാക്ക്പ്പെടുന്നു ഇത് വന്നാൽ അള്ളാന്റെ ശിക്ഷ മുട്ടസീമാന്റെ മതി ഇതിനും കൂടിയില്ലേ അതിൽ നിൽക്കണം എന്നൊന്നും അതിനകത്താണ് കടപ്പും കൂടിയല്ല ആ ചോദ അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത് ജ്യൂതിക്ക് മാലിയാകുന്ന ചോറ് ഉണ്ടാക്കി കളിയും ഇതിന് ഡ്യൂട്ടിൽ കഴിക്കാൻ കഴിയൂല അങ്ങനത്തെ ജാഹി അതിൽ തമീലയിലേ തർക്കയിലേ നെസ്റ്റ് ചാഞ്ഞ് കളയുകയും നെസ്റ്റ് ആസ്പദമാക്കി കളയും ചെയ്യുന്ന ജാഹ ഉണ്ടാവും ഇത്തരത്തിലുള്ള ജാഹികളാണ് തള്ളിക്കറും എന്ന് പറഞ്ഞത് എസിന്റെ കണലിലേക്ക് നമുക്ക് വിശ്രമിക്കാൻ പോയാൽ എന്തായുമാവും അതെല്ലാ കരീത്തിനും ഉറച്ചറിയുന്ന ഒരു തടസ്സമായും ആവും കാസിന്റെ തവലി ദിയക്ക് നമുക്ക് വിശദീകവാൻ പോയാൽ ഉണ്ടായിമാറും അതெல்லாம் തരീഖിനി മൂചിറായുന്ന തരത്തമായി മാറും താസീമ ഹാ ഒമ്പതാമത്തെ കാര്യമാണ് അള്ളാഹു അർത്തു ദസൂരി സല്ലല്ലാഹി അലൈഹി വസല്ലം വഹിയ മിന കബിലിൽ ഖുർബ ബിമാ അല ദരജതിൻ ഫതദാന ഫഖുല ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദാരിബിൽ മദീനത്തി വദബതിൽ റൂഹ തബാഅതി مدينة الوچ ونلتن ان زيارة جيلة لان شفاعت وان سلبت لكم النوم أو كما قال وقال صلى الله عليه وسلم عطي سد الرزهاد للاي لا ثلاث دمساجد بلو لك و لا أرانده كن برطيقة دي كنفتة سد الرزهاد من الرجل نمو نبليا فيه برطيقة فاك الله بلو لكم قلنا مسجد الحرام كانت مسجد هذا عند അപ്പൊ മസ്ജിദില്ല പെട്ടാ മൂന്ന് അപ്പൊ തൈ മതിയ പള്ളിയിലേക്ക് ചതുർഥി ഹാല് തങ്ങൾ പറഞ്ഞിരിക്കുന്നുല്ലോ അങ്ങനെയാണോ മസ്ജിദ് അതിയർക്ക് പള്ളി മിന്നയിട്ട് പള്ളിയിൽ അല്ലേ മസ്തീറ എന്ന് പറഞ്ഞിട്ട് റമനാടൽ പ്രവേശിച്ച് കട്ടിയൊക്കെ റമനാടൻ പോസ്റ്റാബ് ഇതുണ്ട് അതിന് ഈ ഹരി ചേർത്തിട്ട് എന്നെ ശരിക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്റെ നയിക്ക് മന്ത്രിക്ക രീതിയിൽ തന്നെ ഇല്ല ഇതാസി അസാദി എന്നാണ് ഈ ഏസത്തിന് എന്തിന് മുത്തത്തിന ബിന്ദു ഏതാണോ തീരുമാനിച്ചുകൊണ്ട് അപ്പൊ എല്ലാ പുല്ലു മക്കാനാണോ ഇല്ല എന്ന് പറഞ്ഞ വിശുദ്ധനുണ്ടല്ലോ അപ്പൊ ഒരു മുത്തത്തിന ബിന്ദു വട്ടെ അപ്പൊ പുല്ലു മക്കാൻ എന്നാണ് ഉദ്ദേശം പിന്നെ ദുബൈയിലും പോകാൻ പാടില്ല സിംഗപ്പൂരും പോകാൻ പാടില്ല കോഴിക്കോട്ടും പോകാൻ പാടില്ല കാരണം എല്ലാ മക്കാരും പണ്ടില്ലേ ഈ മൂന്ന് സത്യകരാണ് വേറെ ഒരീം ബസ്സിൽ കൂടാന്നിരിക്കുന്നത് അതാണെങ്കിലും മൊഹാരാജ് അപ്പം മുസ്തദിനാ മീന്നു ആണെന്നുള്ളൂ എന്നാ പിന്നെന്താക്കണം മുസ്തദിനാ മീന്നു ഹാസ് ആക്കണം മസ്ജിദോ ആയിരിക്കണം മസ്ജിദോ നോക്കുമ്പോൾ പള്ളികൾ പഴയ പള്ളിയുള്ളൂ ശബ്ദത്തിഹാലിന് കിട്ടുന്ന പള്ളിയതേയുള്ളൂ മണ്ണമേ ഉള്ളൂ എന്നു ബാക്കി എല്ലാ വള്ളിയും ശത്രുദ്രഹാൻ ആവശ്യമില്ല ഇപ്പള്ളിയും അപ്പള്ളി എല്ലാം കണക്കല്ലേ എത്തിക്കാഫിന്റെ വെള്ളി ഒരേ കൂടിയാണ് കടക്കുറപ്പള്ളിയിരുന്നു കടപ്പുറമേ പള്ളിയിൽ പോയിരുന്നു അപ്പുറം പോയിരുന്നു ഇപ്പുറം പോയിരുന്നു ഏത് വള്ളി എല്ലാം എത്തിക്കാഫിനും പൊള്ളായിരം കണക്കാം കാരണം ഈ ദിനത്തിന്റെ മൂന്നിന് പ്രത്യേകമായ പോലീഷ വാരിതായിട്ടുണ്ടെന്ന് അരിച്ചു ഒരു ലക്ഷം പിന്നെ പത്തായിരം ആയിരം മൂന്ന് മാസം പറഞ്ഞില്ലേ ആ മഹത്വത്തെ സംബന്ധിച്ച പറയുന്നു ഇപ്പോൾ മസ്ജിദിന്റെ പകുതിയിലേക്ക് പോകാൻ രണ്ടുപേരുത് വേണം ഒന്ന് മസ്ജിദിനെ കരുതണം ഒന്ന് റിയാറത്ത് ഊസ് കരുതണം വള്ളിയും പിന്നെ ഒരു വ്യത്യാസം പിന്നെന്താണ് അപ്പതലി എന്ന് പറഞ്ഞത് എന്താണ് റിയാറത്ത് പോക്ക് മേത്തി ലാലാമിന് റിയാറത്ത് ചെയ്ത് കെട്ടാ വന്നു അതാ അത് പുറത്താക്കപ്പെട്ട യാത്രയാകുന്നു മുസ്തഖി ആവതുള്ളവന് മുത്തലിന് കയറി മറ്റുള്ള ആളുകൾക്ക് മുസ്തഹബായ യാത്രയുമാകുന്നു എപ്പോൾ ഇതാ സലീമ മീൻ സലിഅീവാൻ വാജിബായ ഒരു കാര്യത്തിന് ഇവിടെ നഷ്ടപ്പെടുത്തുന്ന തൊട്ട് ഗ്രാമത്തിണ്ടെങ്കിൽ വാജിബായൊരു കാര്യം നഷ്ടപ്പെടുത്തി യാത്രക്ക് കൊണ്ടാം وعلى صلى الله, على صل الله, الله عليه وسلم فعنه جهاز الميت الله الله ولم يرصت ولم يرصد غرضا من ظلوبه كجرمي فللصه أمهون يبيت الرياض حد جيدال أسرة غفظة فسوك الله اللي جدال الله عارض المبرورة لحد جيداله يلا دعوشنا لنمو من فرطبوه مع بعض الزوجة وصبوه ريايكم مواقع يا روان بذباء الله الله